സത്യവിശ്വാസികൾ ചോദിക്കുന്നു എന്തുകൊണ്ട് ഒരു സൂറത്ത് ഇറങ്ങുന്നില്ല എന്നാൽ യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വ്യക്തമായൊരു സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവർ മരണാസന്നനായ ഒരാൾ നോക്കുന്നത് നിങ്ങളെ നോക്കുന്നത് നിങ്ങൾ കാണും അവർക്ക് ഏറ്റവും മോശമായതു ലഭിക്കട്ടെ